ീപുരം ശബ്ദം നൽകുന്നവർ അനന്തപുരം രവി ആര്യനാട് ശശിധരൻ നായർ പനാമ ജോസ് അരൂർ ശ്രീദേവി കുടവട്ടൂർ സുനിൽ ചിത്രാസി നായർ സംവിധാനം വി എസ് ഉണ്ണികൃഷ്ണൻ നമസ്കാരം നമ്മളെല്ലാവരും നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഇവിടെ ആകെ അലങ്കരിച്ച് ഭംഗിയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇങ്ങനെ കുറച്ചു സമയം ഇരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ ഈ ഞാൻ നടത്തുന്നതിൽ എനിക്ക് വ്യക്തമായ സതുദ്ദേശമുണ്ട് ഞാനും ഒരു അനാഥാലയത്തിന്റെ സന്തതി ആയിരുന്നല്ലോ പഠിച്ചു പാസായി നല്ലൊരു ഉദ്യോഗസ്ഥനുമായി നന്മ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വൃത്തസദനം നടത്തുന്നത് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങളിലധികവും അല്ലെ മക്കൾ നല്ല നിലയിലായിക്കഴിഞ്ഞപ്പോ വളർത്തി വലുതാക്കി അച്ഛനമ്മമാരെ മറന്നു പൊക്കിൽക്കൊടി ബന്ധം മറന്നു എന്നിട്ടോ ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിഞ്ഞു മക്കളുടെ മാത്രമല്ല മരുമക്കളുടെയും ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് നിങ്ങൾ ഭക്ഷണവും ഒന്നും തരൂല്ല മോനെ ഒരിക്ക ബാലപുത്രൻ ഭാര്യ എന്നെ നാവിക്കിട്ട് ചാവിട്ടി അത് കണ്ട് ആ നോക്കി നിന്ന് ചിരിക്കുകയാണ് അത് ഇവിടെ ഇപ്പൊ സുഖമല്ലേ അതേ ഇവിടെ സുഖം തന്നെ ആ എങ്കിൽ പറയാം നമ്മുടെ ഇവിടെ ഒരു വിവാഹം നടന്നല്ലോ അവരെ അനുമോദിക്കാൻ ഒരു അതിഥി വരുന്നുണ്ട് പിന്നെ ഇങ്ങനൊരു ദിവസം നിങ്ങളും ഇഷ്ടപ്പെടുന്നുണ്ടാവും ഇല്ലേ പാട്ട് പാടാൻ തയ്യാറായിരുന്നുള്ളു നമുക്കിന്ന് ടിച്ചു പൊളിക്കണം വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ മരുന്നും ആഹാരവും സാന്ത്വനവും തരാതെ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളിവിടുന്നു മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ് നിങ്ങളിൽ അധികം പേരും അവരുടെ വിദ്യാഭ്യാസത്തിന്റെയും ജോലിയുടെയും മുന്നിൽ നിങ്ങൾ ചുളിഞ്ഞി ക്ലാവു പിടിച്ച പിച്ചളപ്പാത്രം പോലെയായി മുഴയൂട്ടി വളർത്തിയ അമ്മയും ചുമലിലേറ്റി വളർത്തിയ അച്ഛനും ഇപ്പൊ ജീവിതത്തിന്റെ പുറംപോക്കിലാ സ്ഥാനം എനിക്കിപ്പോ ഇവിടെ ഇരുപത്തിമൂന്ന് അച്ഛനമ്മമാരുണ്ട് അതിൽ ഞാൻ സന്തുഷ്ടനാണ് നമ്മുടെ അതിഥിയെത്തി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഞാൻ എൽപ്പം താമസിച്ചുവോ എന്നൊരു ശംഖ ഓ വെറും രണ്ടു മണിക്കൂർ ഈ വൃദ്ധയങ്ങൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നല്ലേ ക്ഷമിക്കണം അച്ഛനമ്മമാരെ എന്താണ് എന്റെ കർമ്മം ഞാൻ പറഞ്ഞിരുന്നല്ലോ വയോധികരായ രണ്ടുപേരുടെ വിവാഹം നടന്നെന്ന് ഓഹോ ഇവിടെയും കല്യാണമോ അതുകൊള്ളാവല്ലോ ഇപ്പോ എന്റെ റോൾ എന്താണ് സാറ് അവരൊന്നുമോദിക്കണം അത്രേയുള്ളൂ തീർച്ചയായും എന്താ വാസുവേട്ടാ ധൃതിയില് അല്ല സാറെന്നെ അന്വേഷിച്ചു പറഞ്ഞു അതേ വാസുവേട്ടിന്നലെ തലച്ചുറ്റലുണ്ടായല്ലോ പിന്നെ ഈ കൂട്ടത്തിൽ കണ്ടതുമില്ല അതാ അന്വേഷിച്ചത് എങ്കു ഞാൻ അവിടെ പോയിരുന്നോട്ടെ സാർ ഞങ്ങളുടെ സാറിന്റെ പ്രസംഗം ഒഴിച്ച് മറ്റാരുടെയും ഞാൻ കേൾക്കാറില്ല കാരണം എല്ലാം വസ്തുതാപുരുദ്ധമായിരിക്കും പറയുന്നത് അയ്യോ അങ്ങനെ പറയല്ലേ നേതാവിപ്പോ നമ്മുടെ അതിഥിയല്ലേ വാസുവട്ടിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു ഓ ഒന്നുമില്ല സാറേ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നമ്മുടെ വാഴത്തോപ്പ് വരെ ഒന്ന് പോയി പഴങ്ങൾ പഴവാലുകൾ എരിഞ്ഞിട്ടിരിക്കുന്നു അത് നോക്കാൻ വേറെ ആളുണ്ടല്ലോ അതെയോ എന്തിനാ വാസുവായിട്ടും കരഞ്ഞത് സുമതിയമ്മ വഴക്കു പറഞ്ഞു അയ്യോ ഇല്ല സാറേ പിന്നെ കുടുംബത്തിലെ പഴയ കാര്യങ്ങളൊക്കെ വെറുതെ ഓർത്തുപോയി ആ ഓർമ്മകളിൽ നിന്നും രക്ഷപ്പെടാനല്ലേ ഇവിടെ വന്നത് മറക്കാൻ കഴിയാത്തതും മനസ്സിൽ നിന്ന് മായാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട് സാറേ പിന്നെ ഞാൻ കരുതുന്നത് ഓർത്താണ് വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് ഒരിട്ട് ജീവന് വേണ്ടി ഡോക്ടറോട് യാചിച്ച അവളുടെ മുഖം എന്റെ മനസ്സിനെ തകർക്കുന്നു മോളുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെ അനാഥനാകല്ലായിരുന്നു വാസുവേട്ടൻ ഇവിടെ സുരക്ഷിതനല്ലേ നല്ല പൈസ ഉള്ള വീട്ടിൽ നിന്നാണ് വാസുവേട്ടൻ ഇവിടെ വന്നത് ഇവിടുത്തെ അന്തരവാസികളിൽ അധികവും ഉയർന്ന പരിതസ്ഥിതിയിൽ നിന്നും വന്നവരാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ എത്തിപ്പെട്ടത് ഒരേ ഒരു മകൻ സെക്രട്ടേറിയറ്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഭാര്യക്കും ജോലി അവിടെ തന്നെ കാറ് ബംഗ്ലാവ് പഠിക്കൽ കാവലിന് പോലീസുകാര് ിൽ നിന്നു ആ ഇവിടെ എത്തിച്ചത് അച്ഛനെട്ടിലടച്ച് ഇത്രയും പോരെ അപ്പൊ ഞാൻ ഭാഗ്യവാനല്ലേ സാറേ മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഉദ്യോഗസ്ഥനാക്കുമ്പോൾ പട്ടിക്കു സമം ഇപ്പൊ എന്റെ ജീവനും ജീവിതവും ഈ നിൽക്കുന്ന സാറിന്റെ ദാനമാണ് ഒരു മനുഷ്യന്റെ കടമയെ ഞാൻ ചെയ്തുള്ളൂ ആ വാസുവേട്ടിന്റെ കയ്യിലിരിക്കുന്ന പൂക്കള് നമ്മുടെ പൂന്തോട്ടത്തിൽ നിന്നും അടർത്തിയതാണോ അതെ ദമ്പതികൾക്ക് ബൊക്കുപകരം രണ്ട് രണ്ട് മല്ലിപ്പൂക്കൾ കൊടുക്കാമെന്ന് കരുതി ആ അത് നന്നായി എന്നാലും പൂന്തോട്ടത്തിൽ നിന്നും പൂവെറുക്കുന്നത് എനിക്കൊരു വേദനയാ ക്ഷമിക്കണം സാർ ഇതുപോലെ വീട്ടിലെ പൂന്തോട്ടത്തിൽ നിന്നും ഒരിക്കലൊരു പൂ പറിച്ചു അതിന് എന്റെ മരുമകൾ ദേഷ്യത്തോടെ എന്റെ കരുണത്തടിച്ചു നന്ദീനം പൂക്കളാണെന്ന് പറഞ്ഞാണത് വാടിക്കരിഞ്ഞ് താഴെ വീഴുന്ന പൂക്കളുടെ വില പോലും സാറേ വയസ്സായ തന്തമാർക്ക് എന്നിട്ട് പറഞ്ഞില്ലേട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നതിന് സ്വന്തം ഭാര്യയുടെ പേടിയായിരുന്നു ആ വാസുവേട്ടൻ അവിടെ പോയിരുന്നോളൂ എത്രയും വേഗം ചടങ്ങ് തുടങ്ങാം സാറിന് വേറെയും പ്രോഗ്രാം ഉള്ളതാ സാറേ എന്താ സുമതിയമ്മ സുഖമില്ലാതിരുന്ന ആ അമ്മച്ചിക്ക് എങ്ങനെയുണ്ട് മരുന്നും ഭക്ഷണവും കൊടുത്തു സാർ ഇതും അന്തേവാസിയാണോ അതെ ഇവിടെയുള്ളവർക്ക് വ്യായാമ പഠിപ്പിക്കുന്നതും രോഗികളെ ശുശ്രൂഷിക്കുന്നതും ഈ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്നതും സുമതിയമ്മയാണ് അന്തേവാസിയാണെന്ന് എനിക്കങ്ങ് വിശ്വസിക്കാനേ കഴിയുന്നില്ല ക്ഷമിക്കണം സർ എന്താ അന്തേവാസികൾക്ക് പ്രത്യേക രീതിയിൽ തിരിച്ചറിയൽ മാർക്കുണ്ടോ മനുഷ്യൻ അവന്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ വരുന്നു ചിലപ്പോൾ വറച്ചട്ടിയിൽ നിന്നും എഴുതിയിലേക്കായിരിക്കും പക്ഷെ ഞങ്ങൾക്കെല്ലാവർക്കും ഇവിടെ സ്വർഗ്ഗമാണ് ഞാൻ പല അനാഥാലയങ്ങളാവട്ടെ വൃത്തസദനങ്ങളാവട്ടെ മിക്കയിടങ്ങളിലും എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോ ഈ അന്തരീക്ഷം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി മരുന്നും ഭക്ഷണവും സാന്ത്വനവും കിട്ടിയാൽ വൃദ്ധന്മാർ ചെറുപ്പക്കാരാവൂ മിസ്റ്റർ വാമനൻ ഞാൻ സമ്മതിച്ചു ഞാൻ ഈ സുരക്ഷിത സ്ഥാനത്തെത്തിയില്ലായിരുന്നെങ്കിൽ എന്നെ മണ്ണിടിഞ്ഞാനെ സ്ത്രീയുടെ മാനത്തിനിവിടെ ഗ്യാരന്റിയുണ്ട് മറിച്ച് പുറത്ത് എഴുപത്തിയഞ്ചു വയസ്സുള്ള സ്ത്രീ അവരെ പീഡിപ്പിച്ചു കൊന്നില്ലേ അച്ഛന്മാർ സഹോദരന്മാർ ഒക്കെ നമ്മുടെ സംസ്കാരത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചില്ലേ എന്തിന് പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ശരിയാണ് സത്യസന്ധമായ കാര്യമാണത് ഏഴ് വൈകിരണങ്ങൾക്കും ഇവിടെ സംരക്ഷകരുണ്ട് അച്ഛനെയും മകളെയും തിരിച്ചറിയാൻ കഴിയാത്ത സദാചാര പോലീസുകാരെ സ്ത്രീ എന്ന ബിംബകൽപ്പനയെ വെറും കാമവെറിയോടെയാണ് നോക്കിക്കാണുന്നത് സുമതിയമ്മയ്ക്ക് ഇങ്ങനെ വല്ല അഭിമാനക്ഷതവും ഉണ്ടായത് കൊണ്ടാണോ ഇവിടെ ഒരുവിധത്തിൽ അതും ശരിയാ ഇവിടെയുള്ള ഓരോരുത്തർക്കും ഓരോ കഥയുണ്ട് സുമതിയമ്മയുടെ അനുഭവം സുമതിയമ്മ പറയും എന്റെ അനുഭവം കേൾക്കാതിരിക്കുന്നതാ നല്ലത് സാമ്പത്തിക ശേഷിയുള്ള അഴീക്കൽ തറവാട്ടിലായിരുന്നു ഞാൻ ജനിച്ചത് ആല്യപ്പറ നെൽപ്പാടങ്ങളും നൂറലക് നാളികേരവും കിട്ടുന്ന തെങ്ങിൻ കുടിയാന്മാരും പാട്ടക്കാരും വാങ്ങക്കാരും ഒക്കെ ഉണ്ടായിരുന്ന ആ വലിയ വീട്ടിൽ ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു പെൺതരിയാ ഞാൻ പറഞ്ഞോളൂ എൻറെ അച്ഛന്റെ പിന്നാലെ എന്റെ അമ്മയും മരിച്ചത് തറവാട്ടു കുളത്തിൽ തന്നെയായിരുന്നു അത് രണ്ടും കൊലപാതകമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു അടുത്തോഴം എന്റേതാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ആ കാരാഗൃഹത്തിൽ നിന്നും രക്ഷപ്പെട്ട ദൈവ തുല്യത്തെത്തി എത്ര എത്ര മുഖങ്ങൾ പക്ഷേ എല്ലാവരുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് എല്ലാത്തരം ആൾക്കാരുണ്ട് ഇവിടെ അവർക്ക് എല്ലാവർക്കുമുണ്ട് ഓരോരോ അനുഭവങ്ങൾ ആ അതാ സുകുമാരേട്ടം വന്നല്ലോ കണ്ണിന് സുഖമില്ലാത്തതല്ലേ സുമാരേട്ടാ അവിടെ എവിടെയെങ്കിലും ഇരുന്നൂടെ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഓ കാണാത്തതിന് ശബ്ദമാണല്ലോ കണ്ണ് കാഴ്ചകൾ കണ്ടും അടുത്തും ഒന്നും കാണാതിരിക്കുന്നതാണ് നല്ലത് എല്ലാത്തിലൂടും പുച്ഛമാണല്ലോ ഏട്ടന് ഏതായി പുതിയ ശബ്ദം പുതിയ അന്തേവാസിയാണോ അന്തേവാസിയല്ല ഞാൻ ഇവിടുത്തെ ഒരു അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനാണ് ആ നമസ്കാരം സാർ നമസ്കാരം എന്നെ അങ്ങനെ തീർത്തും അന്തേവാസിയാക്കണ്ടാളെ ഞാൻ നാട്ടിലേക്ക് പോകും എന്റെ മോൻ നാളെ വരും സാർ നാളെ വരട്ടെ സുഖമില്ലാത്ത ആള് എന്തിനാ ഇറങ്ങി നടക്കുന്നത് അതിനല്ലേ സാറേ ബന്ധങ്ങളെയും പ്രതിബന്ധങ്ങളെയും മനസ്സിലാക്കി തരുന്ന ഈ വെളുത്ത വടി അതിരിക്കട്ടെ സുമാരേട്ടൻ മരുന്ന് മരിക്കാതിരിക്കാൻ എനിക്ക് മരുന്ന് വേണ്ട സാറേ മറവിക്കുള്ള മരുന്നുണ്ടോ ഇപ്പോഴും മനസ്സ് ഉറക്കാത്തത് എന്താ സുമാരേട്ട കാഴ്ചയില്ലെന്ന് കരുതി എന്തെങ്കിലും ദുഷ്കരമായി തോന്നുന്നുണ്ടോ ഏയ് അങ്ങനെ ഒന്നുമില്ല നാളത്തെ കാര്യമോർത്ത് മനസ്സും ചിന്തയും ആദങ്ങൾക്കപ്പുറം മേഞ്ഞു നടക്കുകയാണ് കാണാൻ കഴിയില്ലെങ്കിലും പരിചിതമായ ശബ്ദങ്ങൾ നാടിന്റെ മണമുള്ള തണുത്ത കാറ്റ് കാറ്റിലുളയുന്ന കരിമ്പറിയുടെ മർമ്മരം നാടിന്റെ സ്പന്ദനം ഒക്കെ എനിക്ക് താളത്തൊട്ടറിയാം ഈ സുമാരേട്ടന്റെ ഒരു കാര്യം നാളെ നേരം വിളിക്കട്ടെ അവരെത്തിക്കോട്ടെ കുരു എന്തു പ്രഭാതവും പ്രദോഷവും സാറേ ഉറങ്ങുമ്പോഴും രാത്രി ഉണരുമ്പോഴും രാത്രി വർണ്ണങ്ങളില്ല വേറും ഇരുട്ട് മാത്രം അത് സുകുമാരനേട്ടനെ സംബന്ധിച്ചിടത്തോളം സാരമില്ല നല്ല ഉൾക്കാഴ്ച ആളാണല്ലോ സുമാരേട്ടൻ സുമതിയമ്മേ സുമാരേട്ടനെ ഒന്നങ്ങ് കൊണ്ടുപോയി ഇരുത്ത് എന്താ സാറേ എന്റെ സാമീപ്യം ഒരധികപ്പറ്റായോ എന്ത് സംസാരമാണിത് നിങ്ങളെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന ആളല്ലേ ഇദ്ദേഹം എന്തോ കാഴ്ച നഷ്ടപ്പെട്ടത് മുതൽ എനിക്കങ്ങനെ വെറുതെ തോന്നുന്നു സുമതിയമ്മേ എന്നെ പിടിക്കണ്ട ഇവിടുത്തെ ഭൂമിയുടെ ഉയർച്ചയും താഴ്ചയും എനിക്ക് കാണാപാഠമാണ് ഞാൻ തനിയെ ആ അകത്ത് ഒന്ന് കിടന്നട്ടെ ആയിക്കോട്ടെ പോയി കിടന്നോളൂ ആ അപ്പോ ൻ വന്ന് സുമാരേട്ടനെ കൊണ്ടുപോകുന്ന ത്രില്ലിലാണോ അദ്ദേഹം ഇല്ല ആ കുട്ടി ഒരു വാഹനാപകടത്തിൽ മരിച്ചിട്ട് രണ്ടു വർഷമായി എന്തോ സുമാരേട്ടനെ ഞങ്ങൾ അറിയിച്ചിട്ടില്ല കാരണം അദ്ദേഹം നീണ്ടുപോകും അതാ അപ്പോ വെറും ഒരു ജീവിക്കുകയാണല്ലേ അതെ അതിമനോഹരമായി ഹാർമോണിയം വായിക്കുന്നത് തികഞ്ഞ കലാകാരനാണ് അദ്ദേഹം ഒരു കാലത്ത് കേരളത്തിലെ മിക്ക നാടക സമിതികളിലും കളിച്ചിരുന്നത് സുകുമാരൻ എന്ന ഈ സുകുമാരേട്ടൻ എഴുതിയ നാടകങ്ങളാണ് ഇതിനിടെ നാല് സംസ്ഥാന അവാർഡുകൾ എട്ടുപത്ത് മറ്റു അവാർഡുകളും ലഭിച്ചു ഇപ്പോൾ കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ ആർക്കും വേണ്ട ആരും തിരിഞ്ഞു നോക്കാതെയായി ഞങ്ങൾ നേതാക്കന്മാരുടെ കാര്യവും ഇങ്ങനെയാ ആവശ്യം കഴിയുമ്പോ എടുക്കാത്ത ഓട്ടുപോല സാർ വധുവരന്മാരെ വിളിക്കട്ടെ അവരിവിടെ തന്നെ ഇരിപ്പുണ്ടല്ലോ സുപ്രതിയമ്മേ ദേ എനിക്ക് തിരക്കൊന്നുമില്ല പതിയെ മതി എന്തായാലും ഇന്നത്തെ ദിവസം ഈ അച്ഛനമ്മമാരുടെ കൂടെ ഇവിടെ കഴിയാൻ ഞാൻ തീരുമാനിച്ചു നല്ല കാര്യം ഡീവാത്തും പൈലിച്ചാട്ടനും ഇനി അടുത്തു വരൂ ഓഹോ ഇവരാണല്ലേ വധൂരന്മാർ രണ്ടാൾക്കും നാണമുണ്ടല്ലോ വാ വാ വാ നമ്മുടെ നാട്ടില് നടാടെയാണ് ഇങ്ങനെയൊരു കല്യാണം വരന് പ്രായം എഴുപത്തെട്ട് വധുവിന് പ്രായം എഴുപത്തി അതും ഒരു മിശ്ര വിവാഹം സത്യത്തിൽ ഈ കല്യാണത്തിൽ ഒരു തീപിരി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സാർ മനസിലായില്ല സത്യം പറഞ്ഞാൽ പൈലിക്കേട്ടനും ബീപിയും ഒരു വർഗീയ കലാപത്തിനുള്ള വകുപ്പൊപ്പിച്ച് നിൽക്കുകയാണല്ലേ ആരും ഊതി കത്തിക്കാതിരുന്നാ മതി ഇവിടെ ആർക്കും ജാതിയും മതവും മനുഷ്യർ അതാണ് ഞങ്ങളുടെ മതം രണ്ടുപേരും തമ്മിലുള്ള സ്നേഹബന്ധത്തിന് നിങ്ങൾ എന്തിനാ വിവേചനം കാണുന്നത് എനിക്കൊരു കുഴപ്പമില്ല സാറേ ഒരു വിഷയമുണ്ടാക്കാൻ കാത്തിരിക്കുന്നവരെ കുറിച്ച് ഓർത്തു പറഞ്ഞതാ അങ്ങനെ ആത്മാർത്ഥതയുള്ളവർ ഈ അനാഥരെ ഇത്രയും നാൾ ഒന്നു കാണുക പോലും ചെയ്തില്ലല്ലോ റോഡിൽ അലഞ്ഞവർ കടത്തിണ്ണയിൽ അന്തി ഉറങ്ങിയവർ നായക്കൂട്ടിൽ ബന്ധിക്കപ്പെട്ടവർ ധർമാശുപത്രിയിൽ നോക്കാൻ ആളില്ലാതെ പുളുവരിച്ചു കിടന്നവർ അങ്ങനെ സാഹചര്യങ്ങളിൽ നിന്നും വന്നവർ അല്ലാതെ പട്ടുമത്തയിൽ നിന്നും എടുത്തോണ്ട് അവരെ അയ്യോ സാറേ സാറിന്റെ നന്മയെ ഞാൻ കാണുന്നു മനുഷ്യ സ്നേഹത്തെയും ഞാൻ അംഗീകരിക്കുന്നു ദേ ഞാനത് വിട്ടു എന്താ കല്യാണം കഴിഞ്ഞിട്ടും മണവാളനും മണവാട്ടി രണ്ടു ധ്രുവങ്ങളിൽ ഇരിക്കുന്നത് ഈ കല്യാണത്തിന് ഒരുപാട് പുതുമകളുണ്ട് അതിൽ പ്രധാനമായും രണ്ടാളും രണ്ടു മുറികളിലായിരിക്കും കഴിയുക അയ്യോ വിവാഹം കഴിഞ്ഞിട്ട് ഒരാൾ ഓർത്തോ വാർഡിലും മറ്റേയാൾ മെഡിക്കൽ വാർഡിലും ഇങ്ങനെ വിവാഹ ജീവിതത്തിൽ എന്തർത്ഥം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം പൈലിച്ചേട്ടന്റെ ഭാര്യ മരിച്ചിട്ട് നാല്പത്തിരണ്ട് വർഷമായി ഇത്ര ഇക്ക മൊഴിചൊല്ലിയിട്ട് ഇരുപത്തിയെട്ട് വർഷവും ഇത്തിരി സ്നേഹത്തിന്റെ കണിക കിട്ടിക്കോട്ടെ എന്ന് കരുതിയ ഇങ്ങനെ ചെയ്തത് നമ്മുടെ അതിഥിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ പറഞ്ഞോട്ടെ സാറേ പറഞ്ഞോളൂ വാസു കേട്ടാ നേതാവ് സാറേ മരുന്ന് ഭക്ഷണം സ്വാന്തനം എല്ലാം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് അന്തേവാസികളെ കാണിച്ച് പണപ്പിരിവ് നടത്തുന്ന അറവുശാലയല്ലത് ഈ നിൽക്കുന്ന ഉയരം കുറഞ്ഞ മനുഷ്യന്റെ വലിയ മനസ്സാണ് ഈ പ്രസ്ഥാനം ഇങ്ങനെ ആയിരിക്കണം ആശ്രയാലയം ഇങ്ങനെയാവണം നടത്തിപ്പോകാനും അപ്പോ വധൂവരന്മാർക്ക് എന്റെ മംഗളാശംസകൾ പ്രായത്തിനല്ല മനസ്സിനാണ് ചെറുപ്പമെന്ന് നിങ്ങൾ തെളിയിച്ചു മുറിക്കപ്പുറമായാലും കാതങ്ങൾക്കപ്പുറമായാലും സ്നേഹം സ്നേഹം തന്നെ ഇവർക്ക് തമ്മിൽ കാണാനും സംസാരിക്കാനും ഒരുപാട് അവസരങ്ങളുണ്ട് രാവിലെ യോഗ സമയത്ത് വേളയിൽ പിന്നെ ടി വി കാണുമ്പോ ഭക്ഷണ സമയത്ത് ചെടി പോരാ അപ്പുറത്തെ മുറിയിൽ എന്നെയും കാത്ത് ഒരാൾ ഇരിപ്പുണ്ടെന്ന് തോന്നൽ അതും അതീ മനസ്സുമറിയ ആരുമില്ലാത്തവണെന്ന ചീത്ത പേരിപ്പോ മാറിയില്ലേ ഞാനിപ്പോ ഒരു ഭർത്താവല്ലേ സാറേ ബീവാത്തു ഒരു ഭാര്യയുമല്ലേ അങ്ങനെ എന്തായാലും നിങ്ങളുടെ നിശ്ചയദാർഢ്യം ഞാൻ സമ്മതിച്ചു ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിനും ഇതിൽ പങ്കുകൊണ്ടതിനും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു നന്ദി നന്ദി അതാ അതാ ഒരു ഒല്ലപ്പന എന്തോ പറയാൻ കൈ ഉയർത്തുന്നുണ്ടല്ലോ സാർ ആ എന്നെ അവിടെ ഇരുന്ന് പറഞ്ഞോളൂ മോനെ ഉപ്പാപ്പന് ഇളനിയർ പുഴമ്പ് കിട്ടിയില്ല സുമതിയമ്മ ഇട്ടുതരും കേട്ടോ ഇച്ചിരി കാലിപ്പോല ചവച്ചിട്ട് ഒരുപാട് നാളായി മോനെ വേണ്ട വേണ്ട അതെ ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനമാ ഇച്ചിരി കറുപ്പ് ഇട്ടു ഓനെ ഉപ്പാപ്പിന് കൊതിയായിട്ടാന്ന് ആ എന്നിട്ട് വേണം എന്നെ പോലീസ് നോക്കാൻ അല്ലേ മോണി എനിക്ക് പോയോ ഉപ്പാപ്പിനെ എങ്ങനെത്തിച്ചതാ മോനെ അവന്മാരെ തന്ന പേന കൊണ്ട് ഞാനഞ്ചാർ ഒപ്പിട്ട് കൂടെപ്പുറപ്പോൾ ചതിച്ചതാ മോനെ കൊന്നില്ല ൊണ്ടുപോയിട്ട് ഈ പാത്തറിഞ്ഞ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകു മാറും കൈപോക്കുന്നുണ്ടല്ലോ എന്താ ചേട്ടത്തി ടി വിയിലെ പടം മങ്ങിക്കിടക്കണം സാറേ അതേ ടി വി കൊഴപ്പല്ല ചേട്ടത്തി എല്ലാവരും ക്യാമ്പിൽ പോയി കണ്ണു ഓപ്പറേഷൻ ചെയ്തപ്പോ പേടിയാണെന്നും പറഞ്ഞു പോയില്ലോ കണ്ണിന്റെ കൊഴപ്പമാ ുള്ളൂല്ലെങ്കിൽ കണ്ണാടി തല്ലിപ്പൊളിച്ചിട്ട് എല്ലാ കാര്യം ത്രേസ്യമേ കി വി എനിക്ക് നല്ല കലക്കനായിട്ട് കാണാം ഹലോ അതെ ഇപ്പൊ ഉള്ളൂ സാർ അതെ അതെ നമ്മുടെ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് പുതുമയുള്ള കാര്യങ്ങൾ മാത്രമല്ലേ സാർ പറയുവാനുള്ളൂ അതെ വിവാഹം കഴിഞ്ഞ ആഴ്ച ആയിരുന്നു എല്ലാ പത്രങ്ങളിലും വാർത്ത വന്നിരുന്നു സാർ ഓക്കെ സാർ ഓക്കെ സാർ ഞാൻ അങ്ങോട്ട് വിളിക്കാം സാർ ഓക്കെ ഓക്കെ ഹലോ അതെ സർവോദയൻ പാമനൻ തന്നെ സാറേ കാര്യങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ സാറാണല്ലോ ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് അദ്ദേഹത്തിന് ഒരു പൊന്നാടെ അണിയിക്കാൻ സാറിന് എത്താൻ കഴിയോ ശരി ശരി ശരി സാർ അല്ലേ സാറേന്തെങ്കിലും ചെയ്യാം എനിക്ക് അഭിമാനം തോന്നുന്നു സുമതിയമ്മേ കാരണം മറ്റൊന്നുമല്ല കാലാകാലങ്ങളായി ഒരു വഴിപാട് പോലെ നടന്നു വന്ന അവാർഡ് ദാനം ഇക്കുറി അർഹതപ്പെട്ടയാൾക്ക് തന്നെ കിട്ടിയല്ലോ എല്ലാം കൊള്ളാം ർഹനായ സാഹിത്യകാരനെ ഒന്ന് സമ്മതിപ്പിച്ചെടുക്കുന്നതാണ് പണി ആ അതും ശരിയാമ്മ സുമാരേട്ട വരുന്നുണ്ട് ആ പണികൾ കയറാൻ ഒന്ന് സഹായിച്ചോർക്കും ആ വേണ്ട വേണ്ട ഇവിടെ നിനക്ക് ചില പരിചിതമാണ് മനസ്സിന്റെ അളവ് പോലുണ്ട് കേരള സാഹിത്യ അക്കാദമിയുടെ ഇത്തവണത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു അതെയോ നല്ലത് പക്ഷേ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം സാറേ കാര്യമുണ്ടെന്ന് വെച്ചോളൂ വലിയ വലിയ എഴുത്തുകാർക്ക് പുരസ്കാരങ്ങൾ കിട്ടുന്നതിന് നമുക്കെന്താ സന്തോഷമുള്ള കാര്യമല്ലേ സന്തോഷാണല്ലോ എങ്കിലേ സന്തോഷത്തിനുള്ള വകയുണ്ട് ആ സുമതിയമ്മേ ഓക്കേ സാർ ഞാൻ പറയാ പ്രശസ്ത എഴുത്തുകാരനായ സുകുമാരൻ നീലാംബരിക്കാണ് ഇപ്രാവശ്യത്തെ സാഹിത്യത്തിനുള്ള പുരസ്കാരം ഹാക്കു വേണം ഈ അവാർഡ് എന്റെ പുഷ്കലകാലത്ത് സ്തുതി പാടി പുകട്ടിയും അവശതയിൽ അവഗണിച്ചും ആത്മാവില്ലാത്ത ആശയങ്ങൾക്ക് അവാർഡ് കൊടുത്തും സാഹിത്യത്തോട് അനീതി കാട്ടിയവർ ചെയ്തുപോയ തെറ്റുകൾക്ക് പ്രത്യുപകാരമായി വച്ചു നീട്ടുന്ന ഈ അവാർഡ് സുമരട്ട പുരസ്കാരങ്ങൾ പൂർണ്ണ സൃഷ്ടിയുടെ അംഗീകാരമാണ് ലക്ഷങ്ങളിൽ ഒരാൾക്ക് കിട്ടുന്ന സാക്ഷിപത്രം ഒറ്റ ദ്രാവകം പല പല മൂശകളിൽ ഒഴിച്ച് കണ്ടും കേട്ടും അടുത്ത വസ്തു സൃഷ്ടിക്കപ്പെടുന്നു കലയുടെ അംശത്തിനോ നന്മയ്ക്കോ മേന്മയ്ക്കോ ഇവിടെ ഒരു വിലയുമില്ല സാറേ എൺപത്താറിലധികം പ്രൊഫഷണൽ നാടകങ്ങൾ എഴുതിയ കൈയാണിത് ഇപ്പോഴും ഒരംഗത്തിന് ബാല്യമുണ്ട് ഇനി സുകുമാരൻ നീലാംബി പേന എടുക്കില്ല കാരണം എന്റെ കൈകൾ ഒന്ന് ഇടറിയപ്പോൾ മറന്നു നന്ദികട്ട ഈ സമൂഹം സുകാരേഷന്റെ സർഗസിദ്ധികൾ രാശിക്ക് വേണ്ടി വേണ്ടെന്ന് വയ്ക്കരുത് ംഗത്തെ പെരുന്തച്ഛൻ ഇന്നും സുകുമാരേട്ടൻ തന്നെയാണ് മറ്റാരും അല്ല നാടകം കൊട്ടേഷൻ സംഘങ്ങളുടെ കൂടെ വഴിമാറി സഞ്ചരിക്കുന്നു കർണ കഠോര ശബ്ദത്താലും കണ്ണഞ്ചിപ്പിക്കുന്ന ദീപത്താലും രംഗത്ത് തീയും തീവണ്ടിയും കാട്ടി കയ്യടി വാങ്ങുമ്പോൾ യഥാർത്ഥ നാടകം എവിടെയാണ് സൂത്രപ്പണികളിലെ സൂത്രക്കല്ലിൽ നാടകത്തിന്റെ നാളം പെടാതെ അങ്ങനെ നിന്നോട്ടെ ന്യൂജൻ സങ്കേതങ്ങളും കാലത്തിന് ആവശ്യമാണ് അതൊക്കെ ആ വഴിക്ക് പോക്കട്ടെ പക്ഷെ നമ്മളെ അംഗീകരിച്ച ആ അവാർഡ് സുകുമാരേട്ടൻ നിരസിക്കരുത് അവാർഡുകളൊന്നുമല്ല എന്റെ ലക്ഷ്യം സമൂഹത്തിന് വേണ്ടത് മാത്രം ഞാൻ എന്റെ എഴുത്തിലൂടെ നൽകിയിട്ടുണ്ട് അവരോട് നീതിയും കാണിച്ചിട്ടുണ്ട് എനിക്കത് മതി പിന്നെന്തിനാഡ് സുകുമാരേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇന്നിവിടെ സന്തോഷത്തിന്റെ ദിവസമാണ് അതിന് എനിക്കും സന്തോഷമുണ്ട് സാറേ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ എന്റെ മകൻ വരുമല്ലോ അച്ഛാ എന്നൊരു വിളിക്കു വേണ്ടി ഞാൻ കാതോർക്കുന്നു അതിന് അവൻ വന്നോട്ടെ സുമാരേട്ടിനു വേണ്ടി ഞങ്ങളൊരു സ്വീകരണം പ്ലാൻ ചെയ്തിട്ടുണ്ട് വേണ്ടെന്ന് പറയരുത് അനുമോദനങ്ങൾ വേണ്ട സാറേ കറവ കലാകാരന്മാർ അകിട് ചുരത്താതെ വരുമ്പോൾ അറവുശാലയിലേക്ക് അതിന് ഞാൻ തന്നെ ദൃഷ്ടാന്തമല്ലേ സാറേ അതെ സാറേ കമലാക്ഷിയമ്മ കലിപ്പോടെ വരണുണ്ട് എന്താണാവോ നല്ല ദേശത്തിലാ വരവ് ഭ്രാന്ത അതെ എനിക്ക് ഭ്രാന്ത സാറേ ഇവിടെ ഞാനും ഇങ്ങനും കൂടി പറ്റൂല അതെന്താ ഇവിടെ നമ്മളെല്ലാം സമന്മാരാണ് എന്താ കമലാക്ഷിയമ്മക്ക് മറിച്ചെന്ന് തോന്നാൻ എന്താ പ്രശ്നം ഈ പ്രശ്നം കാരണ സാറേ ഈ നിൽക്കുന്നത് കണ്ണിന് കാഴ്ച പോലും ഇല്ലാത്ത ഇദ്ദേഹം എന്ത് പ്രശ്നമാ കമലാക്ഷി അമ്മയ്ക്ക് ഉണ്ടാക്കിയത് പൊതിഞ്ഞന് ശല്യ സാറേങ്ങേരി ആദ്യം തന്നെ കുന്ത്രം തല്ലെ പൊളിച്ചു കളയണം എന്ത് ഹാർമോണിയമോ സംഗീതാംശം ഉള്ളിലില്ലാത്ത ഇവരോട് എന്ത് പറയാൻ മൃഗങ്ങളിൽ പോലും സംഗീതാംശമുണ്ട് പശുർ വേത്തി ശിശുർവേത്തി വേത്തി ഗാനരസംഭിണി എന്നാണ് നല്ല ശുദ്ധ സംഗീതം കേട്ടാൽ കരയുന്ന കുഞ്ഞ് കരച്ചിൽ നിർത്തും പുല്ല് നിന്നുകൊണ്ടിരിക്കുന്ന പശു തല ഉയർത്തി നോക്കും എന്തു തന്നെയാണേലും എന്റെ ജൻറെ അടുത്ത് വന്ന് ഈ കുന്താടം കൊണ്ട് ഒച്ചു കളിപ്പിക്കരുത് നിർത്ത് ഇങ്ങനെ നിങ്ങൾ ഇന്നലെ കിണറ്റിൻകരയിൽ നിന്നും വഴക്കിട്ടതും ഞാൻ അറിഞ്ഞു എന്താ കാര്യം ചിലർക്ക് ജനിതകമായി കിട്ടുന്ന സമ്മാനമാണ് ഈ പിണക്കം ഞാനിപ്പോ മാറ്റിത്തരാ സുമാരേട്ടൻ അസുഖം ബാധിച്ച് കുറച്ചുനാൾ ആശുപത്രിയിലെ തീവ്ര വിഭാഗത്തിൽ കിടന്നത് ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ട് ജീവിതം തിരിച്ചുപിടിക്കാൻ മരണത്തോട് മല്ലടിച്ച് ആശുപത്രി ശീതീകരണം മുടിയുമെ ഇരുപത്താറ് ദിവസങ്ങൾ അക്കാര് എന്തിനായിപ്പോൾ പറയുന്നത് പറയേണ്ടി വന്നു അന്ന് ആശുപത്രി വരാൻതേ മുന്നിൽ ഉറ്റവരും ഉടയവരുമായി ഞാനും ഈ സാറും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ശരിയാണ് ഏതോ നല്ല മനസ്സിന്റെ ജീവനാണ് എന്നിലേക്ക് തുന്നിച്ചേർത്തതെന്ന് എനിക്കറിയാം നിങ്ങൾക്കൊരു വൃക്കദാനം തന്നത് ഈ നിൽക്കുന്ന കമലാക്ഷിയമ്മയാണ് രോഗി എന്ന് മാത്രമേ സാർ എന്നോട് പറഞ്ഞിരുന്നുള്ളൂ ഞങ്ങളത് രഹസ്യമായി സൂക്ഷിക്കായിരുന്നു അപ്പോ ഞാനൊരു നിങ്ങളുടെ പകത്തു തന്നതിന് നന്ദിയുണ്ട് ഇതൊരു പകരമായി ഞാൻ എന്ത് തിരിച്ചു നൽകും എനിക്കൊന്നും വേണ്ട അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എനിക്കതും സ്നേഹം കൊണ്ടാണ് നമ്മൾ രണ്ടാളുടെയും അടിപിടി കഴിഞ്ഞോ അത് കഴിയൂല ഞങ്ങളെല്ലാം കേട്ടു സാറേ അവയവദാനമാണ് മഹാദാനം എന്ന് ഞങ്ങൾ അറിഞ്ഞു നിയമപരമായി ഞങ്ങളുടെ അവയവങ്ങൾ എടുക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ തരാൻ റെഡി നിങ്ങളുടെ നല്ല മനസ്സിനും നന്ദി നമ്മൾ ഒന്ന് മനസ്സിലാക്കണം മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ചും കുഴിച്ചു കളയേണ്ട പാഴ് വസ്തുക്കളല്ല കണ്ണും കരളും ഒക്കെ പക്ഷേ മറ്റൊരു ജീവനും അത് അത്യാവശ്യവുമാണ് പിന്നെ എന്തുകൊണ്ട് നമുക്കത് ദാനം ചെയ്തു കൂടാ സർ ഈ ധന്യമുഹൂർത്തൽ ഒരു ചടങ്ങ് കൂടെ ബാക്കിയുണ്ട് ഈ പൊന്നാട കമലാക്ഷി അമ്മ തന്നെ സൂമാരേട്ടൻ അനുചിച്ചോട്ടെ അല്ലേ ജീവന്റെ അവകാശിയല്ലേ ഞാനിപ്പോഴാ തൃപ്തനായത് ഇനിയും ഇവിടെ അനാഥമനിരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ സനാതരാൽ സമ്പന്നമാകട്ടെ കേരളം ആ എനിക്കൊരു കാര്യം എല്ലാവരോടും ഞാനേ അടുത്ത നാടകം ഇന്നഴിഞ്ഞ് തുടങ്ങുകയാണ് ശരിയാണ് സുമാരേട്ടാ ശരിയാണ് തീർച്ചയായും അടുത്ത നാടകം തുടങ്ങുകയാണ് നായക്കൂടിലും ചങ്ങലകളിലും മാതാപിതാക്കളെ ബന്ധിക്കുന്നവരെ നാളെ നിങ്ങളുടെ മക്കളും നിങ്ങൾക്കായി ഒരു ചങ്ങല കരുതി വെച്ചിട്ടുണ്ടാവാം കരുതിയിരിക്കുക ആനന്ദാലയം നാടകം സമാപിക്കുന്നു രചന സുരേഷ് ഗോസ്ലേപുരം കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും വാമനും അനന്തപുരം രേവി നേതാവ് പനാമ ജോസ് വാസു കുടവട്ടൂർ സുനിൽ സുമതി ചിത്രാസി നായർ സുകുമാരൻ ആര്യനാട് ശശിധരൻ നായർ കമലാക്ഷി അരൂർ ശ്രീദേവി കൂടാതെ നിലയാംഗങ്ങളും സംവിധാനം വി എസ് മുണികൃഷ്ണൻ സംവിധാന സഹായം സുഷമ അനിൽ ബിജു കല്ലുവാതുക്കൽ